നിങ്ങളുടെ സത്യങ്ങളെ പരസ്പരം വഞ്ചനയായി നിങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനെയായാൽ ഉറച്ച പാദം വഴുതിപ്പോകും അള്ളാഹു സുബാനഹുവ ചാലായുടെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തടഞ്ഞതിനാൽ നിങ്ങൾ തിന്മരുചിക്കും നിങ്ങൾക്ക് വലിയ ശിക്ഷയുണ്ട്